വിജ്ഞാനവാദികളെ സംബന്ധിച്ച് വിജ്ഞാനത്തിൽ നിന്നും ബാഹ്യമായ വസ്തുക്കളില്ല എന്നാൽ സൌത്രാന്തികന്മാർക്കുംമാർക്കും അങ്ങനെയല്ല സൗത്രാന്തികന്മാരെന്താണ് പറയുന്നത് ഭാഗ്യവസ്തുക്കളുണ്ട് വൈഭാഷികന്മാർ പറയുന്നു ഭാഗ്യവസ്തുക്കളുണ്ടെന്നാണ് പക്ഷെ സൌത്രാന്തികന്മാർ എന്ന് പറയുന്നു ഭാഗ്യവസ്തുക്കളുണ്ടെങ്കിലും എന്താ അവര് പറയുന്നത് സൗത്തനന്ദയുന്നത് ബാഹ്യമായ വസ്തുക്കളുണ്ട് പക്ഷെ അത് അനുമേയമാണ് അനുമാനിക്കാനേ പറ്റും വസ്തുക്കൾ ജ്ഞാനത്തിന് അതിന്റെ ആകാരത്തെ സമർപ്പിക്കുന്നു രൂപത്തെ സമർപ്പിക്കുന്നു അത് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചാണ് ഇതിന്റെ ചില പ്രധാന പോയിന്റുകളെങ്കിലും മനസ്സിലാക്കും നഗം മനസ്സിലായല്ല ഈ പറയുന്ന പ്രധാന പോയിന്റ് ജ്ഞാനത്തിന് അതിന്റെ ആകാരത്തെ സമർപ്പിക്കുന്ന വസ്തുക്കൾ പുറമേ ഉണ്ട് പക്ഷെ അനുമാനിക്കാനേക്കും പ്രത്യേക പരിഭാഷകന്മാർ പറയുന്നത് അങ്ങനെ എല്ലാ ബാഹ്യമായ വസ്തുക്കളുണ്ട് ഇതെല്ലാം അനുമാനിക്കണ്ട പ്രത്യക്ഷയോഗ്യമായതെല്ലാം പ്രത്യക്ഷമാണ് പ്രത്യക്ഷയോഗ്യമല്ലാത്തവർക്ക് അനുമാനിക്കണം എന്നുള്ള വ്യത്യാസം എന്തായാലും അവരും സ്വീകരിക്കുന്ന ഒരു കാര്യം എന്താണ് ബാഹ്യമായ വസ്തുക്കൾ ജ്ഞാനത്തിൽ ആകാരത്ത് സമർപ്പിക്കുന്നു എന്നാണ് വിജ്ഞാനവാദികളെന്ന് പറയുന്നത് എന്താണോ ഇതം രജതം ഞാനിപ്പോ രം ഭാഹ്യമായ ഇതത്തിൽ രജതം എന്ന് പറയുന്നത് അത് കേവലം ജ്ഞാനത്തിന്റെ ആകാരമാണ് ജ്ഞാനത്തിന്റെ രൂപമാണ് രജതം എന്ന് പുറമേ ഇവിടെ കണ്ടിട്ടൊരാൾ പറയരു ഇതം രജതം ആ ഇതം എന്ന് പറയുന്ന അവിടെ നമ്മളൊരു ഇതന്തയെ അങ്ങനെ ഇതന്ത എന്ന് ഇതം അതിൽ എന്ത് ചെയ്യുന്നു രൂപത്തിലുള്ള രജതത്തെ ആരോപിക്കുന്നു ഉള്ളിൽ കാണുന്നവന്റെ ഉള്ളിലിരിക്കുന്ന ജ്ഞാനരൂപത്തിലുള്ള ത്തെ വിയിൽ ആരോഗ്യതാണ് വിജ്ഞാനവാഹി അതാണ് ഇവിടെ പറഞ്ഞു അന്യത്ര ഭാഗ്യമായ ആ വിദന്തയിൽ അന്യധർമ്മസ് അഭ്യാസം ജ്ഞാനധർമ്മമായ രചിതത്തിന്റെ അഭ്യാസം ആരോ ഇതാണ് ഭ്രാന്തി എന്നാണ് പറയുന്നത് പറഞ്ഞത് അത് അന്യധർമ്മസ്യ എന്റെ അർത്ഥം പറഞ്ഞ ജ്ഞാനധർമ്മസ്യ ജ്ഞാനത്തിന്റെ ധർമ്മമാണെന്ന് രജതം ഇതര വിജിതം ഒന്ന് അനുഭവം ഉണ്ടാകുന്ന സ്ഥലത്ത് അതാണ് ജ്ഞാനാകാരം ജ്ഞാനത്തിന്റെ രൂപമാണ് ജ്ഞാനരൂപമാണ് അഭ്യാസോ അന്യത്ര ബാഹ്യേ ബാഹ്യത്തെ അധ്യസിക്കുന്നു സൌത്രാന്തീയതയെ താമത് ബാഹ്യം അസ്ഥി വസ്തു സൌത്രാന്ത്യന്മാർ പറഞ്ഞ കുറഞ്ഞ വസ്തു കൊണ്ട് വസ്തുസത്യം െ സംബന്ധിച്ച് ബാഹ്യമായ വസ്തു ഇല്ലാഹ്യം വസ്തു തഥാപി അവിദ്യവാസനം അനാദിയായിരിക്കുന്ന അവിദ്യാവാസനയിലൂടെ ആരോപിതമായ എന്ത് അനേകം ഭാഗ്യം ശൂന്യത ബാഹ്യത്തിലോട് നാദിയായ അവധി കൊണ്ട് ആരോപിക്കപ്പെട്ടാണെന്ത് അശൂന്യത തത്ര അശൂന്യതയിൽ ജ്ഞാനാകാരസി ആരോപണ അവിടെ കുറവേ വസ്തുവൊന്നുമില്ല അശൂന്യതയോ അശൂന്യതയിൽ ജ്ഞാനാകാരത്തെ ആരോപിക്കുന്നു അതിന് ഉപപത്തി അതിനുള്ള യുക്തി പറയുകയാണ് യത്ത് യാദൃശ്യം അനുഭവസിദ്ധം രൂപം യത് യാദൃശ്യം അനുഭവസിദ്ധ രൂപം രചത അനുഭവം ഉണ്ടാവുന്നു അപ്പോ യത്ത് യാദൃശ്യം അനുഭവസിദ്ധം രൂപം രചത രൂപം അനുഭവിക്കുന്നു രചതമായിട്ട് അനുഭവിക്കുന്നു തത്താദൃശ്യമേ അഭ്യതയാണ് രജതത്തെ രചതമായി സ്വീകരിക്കുന്നത് ഇത് ഉസ്രബ് ഇതാണ് സാമാന്യമായി സാമാന്യ നിയമ ഇതാണ് അന്യഥാത്വം ഇനി ഇതിന്റെ അന്യതാത്വം വരുന്ന ഇത് മറിച്ചാവുന്നെങ്ങനെ പുനരസി അന്യഥാത്വം ഈ രജതത്തിന്റെ അന്യതാത്വം വരുന്നെങ്ങനെ ബലവത് ബാധക ബലവത്തായ ബാധക പ്രത്യമാണ് നേതം രഹതം എന്ന് വന്നു കഴിഞ്ഞാൽ വരുന്നു ഇത് മിഥ്യായി ഇത് അന്യഥയായി അപ്പോ ഒരാള് രജത്തെ അനുഭവിക്കുമ്പം അതിന് യഥാർത്ഥമായി അനുഭവിക്കുന്നു അതിനായിട്ട് തോന്നുന്നു അങ്ങനെയാണ് ആദ്യം പറഞ്ഞത് ആ ദൃശ്യം അനുഭവത്തിൽ താദൃശ്യമേവ രചതമുണ്ടെന്നാണ് അനുഭവിക്കുന്നു പക്ഷെ നേതൻ രജതം എന്ന് വരുമ്പോ ബലവത് ബാധകപ്പെടുത്തി വെച്ച അന്യഥാക്കും അത് മിഥിയാണെന്ന് പറഞ്ഞു ഒരു മിഥ്യാണെന്ന് അറിയുന്നത് വരെ ഒരാൾ സത്യമാണെന്ന് അതിനെ കരുതുന്നു അതൊക്കെ തോന്നുന്നു അപ്പൊ നേതം രജതമില്ലെന്ന് പറഞ്ഞ് രജതത്തെ ബാധിക്കുന്നു ആദ്യം കാണുന്നു അപ്പവിടെ എന്ത് ചെയ്യുന്നു അയാള് ഇതം രഹതം ഇവിടെ ഭാഗ്യമായി രഹിതം ഉണ്ടെന്നറിയുന്നു അതാണ് നേരത്തെ ഒന്ന് അനുഭവം സാമാന്യമായ അനുഭവം എങ്ങനെയാണ് ബലവത് ബാധപ്രത്യം ബാധപ്രത്യം എന്ന് വെച്ചാൽ ഞാൻ വിധി ബാധസ് മാത്ര ബാധേനവും അവിടെ നേതം രജതം എന്ന് പറയുന്നിടത്ത് എന്തിനാണ് നിഷേധിക്കുന്നത് കാരണം ഈ കാണുന്ന രജതം എന്ന് പറയുന്നത് ജ്ഞാനരൂപമാണ് ജ്ഞാനരൂപത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല പിന്നെ നിഷേധിക്കുന്ന എന്താണ് അവിടുത്തെ ഇദന്തയാണ് ഇത് ഇത് നിഷേധിക്കുന്നത് പുറമേ വേണോ ഇത് രഹിതം എന്നാണല്ലോ പറയുന്നത് അപ്പൊ നേതം രഹിതം എന്ന് പറഞ്ഞാൽ ആ അതിന്റെ അർത്ഥം അവിടെ നീതം ഇതിനെയാണ് നിഷേധിക്കുന്നത് എന്നുവെച്ചാൽ ജ്ഞാനാകാരമായ രജതത്തെ തന്നെ നിഷേധിക്കുന്നത് ഇതിനെയാണ് ഈതം എന്ന് പറയുന്നത് ഇതന്താ മാത്ര ബാധയെന്ന് ഇതെന്താ മാത്ര ബാധമാണ് രജതത്തെ രജത്തെ എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല അത് ജ്ഞാനമാണ് ജ്ഞാനത്തിന്റെ ആകാരമാണ് എന്ത് രജത ഇതോ എന്ന് പറയുന്ന ബാഹ്യമായി കൈകൊണ്ട് പറയുന്നതായില്ല അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ മാത്ര ബാധ്യകൾ പുറത്തു എന്നാ രജത ഗോചരത്തോ വിജിത അപ്പൊ രജത വിഷയമല്ല നിഷേധം പ്രത്യേകികളും മറ്റും പറയുന്നത് എന്താണ് രജതത്തെ നിഷേധിക്കുന്നു എന്നാണ് ഇവര് വിജ്ഞാനവാദികൾ പറയുന്നത് എന്താണ് രജതത്തോടെ നിഷേധിക്കുന്നത് ഇതിനെയാണ് നിഷേധിക്കുന്നത് പിന്നെ രജതമോ രജതസ്യണോ ബാധേ രജതം തസ് ചാധതേ ഭവേതാം തദ്രം ഇതന്തോ ബാധ്യത ബഹുർബാധിതരധ്യാസ അതോടെ ബൌദ്ധന്മാർ പറയുന്നത് പുറമേ കാണുന്ന ആ രജതം ഉള്ളിലിരിക്കുന്ന ജ്ഞാനത്തിന്റെ ഒരു രൂപമാണ് ആ കാണുന്നത് അത് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ കാര്യം പറയുന്നത് എന്ന് പറഞ്ഞാൽ പുറമേ അങ്ങനെ ഒരു വസ്തുല്ല ബാഹ്യമായ രചിതം എന്ന് പറയുന്ന ഒരു വസ്തു ഇല്ല ഉള്ളിൽ ജ്ഞാനമുണ്ട് ആ ജ്ഞാനത്തിന്റെ രൂപമാണ് പുറമേ കാണുന്നത് ഇവിടെ ഹിതം എന്ന് മുമ്പിൽ കാണുന്നത് ഇവിടെ ഇതന്തേയും നിഷേധിച്ചു കഴിഞ്ഞാൽ ജ്ഞാനത്തെ നിഷേധിക്കുന്നില്ല ഇതം പുറമേയില്ലെന്നേ ഉള്ളൂ ജ്ഞാനോടെ ഉള്ളത് ഉള്ളിൽ അപ്പൊ ഇതത്തിന് നിഷേധിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം ജ്ഞാന രൂപത്തിലുള്ള രചതയോടെയിരിക്കും ഉള്ളിലിരിക്കും കാരണം കൊണ്ട് ജ്ഞാന രൂപം അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം രചതം എന്ന് പറയുന്നത് ജ്ഞാനമാണ് ഉള്ളിലിരിക്കുന്ന ജ്ഞാനമാണ് രജത്വം നിഷേധിക്കുന്നു എന്ന് വന്നാലോ അതിലവിടെ രജത്വം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ രജതത്തെ നിഷേധിക്കേണ്ടി വരും ഇതന്തെയും നിഷേധിക്കേണ്ടി രണ്ടിനെയും നിഷേധിക്കേണ്ടി അതീപക്ഷം എന്താണോ ഇതെന്താ നിഷേധിച്ചു കഴിഞ്ഞാൽ എന്തൊരും ഞാൻ പ്രേതം ഉള്ളിലിരിക്കും അപ്പോ ചോദിക്കും ശുക്തിയോ ശുക്തി ബാറമേ ഉണ്ടല്ലോ അതോ അത് അനാദിയായ അവിദ്യ കൊണ്ട് അവിദ്യാവാസന കൊണ്ട് ആരോപിക്കപ്പെടുന്ന അനേകം ശൂന്യതയാണ് ആ ശക്തി എന്ന് പറയുന്നത് ശക്തി ശൂന്യമാണ് അത് എവിടുന്ന് വന്നു അനാദിയായ അവിദ്യാഭാസനോട് പുറമെ ആരോപിത്തിരിക്കുകയാണ് ശുദ്ധി അത് ആ ശൂന്യതയാണ് ശുദ്ധിയായി കാണുന്നത് എന്നാൽ അവിടെ നിങ്ങൾ പദാർത്ഥമുണ്ട് ശൂന്യവാദികൾ പറയുന്നത് എന്താണ് അസഖ്യാധികൃത പറയുന്നു അതിൽ അനാദിയായ ആസന കൊണ്ട് ആരോപിതമായ അസത്വം അതിന്റെ പ്രതീതിയാണ് ഞാനാണ് അസഖ്യാ ആ പ്രതീതി അസത്ത് أنا أريد أن أرغب أحباق <تصفيق> سبتيم رجده رجدت أنه إلا أنت أسطان <تصفيق> ജ്ഞാനപാധി എന്താ പറയത്ത ജ്ഞാനത്തിന്റെ രൂപമായ ശരീരത്തെ പുറമേ ആരോപിക്കുന്നു അല്ല പുറമേ വേറെ വസ്തുവൊന്നുമില്ല അവിടെയുള്ളതെന്താണ് ശൂന്യമാണ് അവിടെ ഉള്ളിലിരിക്കുന്ന ജ്ഞാനത്തെ പുറമെ ആരോപിക്കുന്നു അത് ഇതം എന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരോപിച്ച ഞാനോ ഉള്ളിയിരിക്കും ഉള്ളിയിരിക്കുന്നതിനാണ് ഇതമെന്ന് പറമേ അരു നമുക്ക് എന്താ കാരണം ആവിദ്യ അവിദ്യ ഉണ്ടെ ആരോപിക്കും രജതസ്യധർമ്മണോപാധ രജതത്തെയാണ് നിഷേധിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ഇതമിനെയാണ് നിഷേധിക്കുന്നത് രജതം ധർമ്മിയാണ് അതിന്റെ ധർമ്മമാണ് ഇദന്ത എന്ന് പറയുന്നത് കാരണം ഇതൻ രജതവും തന്നെ പറയുന്നു ഇതം രജതം എന്ന് പറയുമ്പോ എന്താണ് അവർ പറയുന്നത് രജതത്തിന്റെ ധർമ്മമാണ് ഇതം അപ്പോ രജതത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ രജതവും ഇതന്തേയും നിഷേധിക്കുന്നു ആ സമയം ഇദന്ത നിഷേധിച്ചു കഴിഞ്ഞാൽ ം നിഷേധിക്കേണ്ട കാര്യമില്ല കാരണം രേതം ഉള്ളിലേക്ക് ഞാൻ രൂപത്തിൽ നേതം രേതം എന്ന് പറയുന്നിടത്ത് എന്തിനാണ് നിഷേധിക്കേണ്ടത് രഹതത്തെയാണ് ഇതെന്തുണോ എന്നാണ് ചോദിക്കുന്നത് രേതത്വം നിഷേധിച്ച എന്തുവരും രേതത്തെ നിഷേധിക്കുന്ന ഇതെന്തെയും നിഷേധം അസമ ഇതെന്താ നിഷേധിച്ചു കഴിഞ്ഞാലോ രജതത്തിന്റെ ധർമ്മമായ ഇതെ നിഷേധിച്ചാൽ മതി എന്തിനും നിഷേധിക്കേണ്ട രജതാണ് രചതം എന്ന് പറയുന്നത് എന്താണ് ജ്ഞാന രൂപത്തിൽ ഉള്ളതിരിക്കുകയാണ് എന്നാണ് അങ്ങനെ പറയുന്നത് തർക്കം രജതസ്യ ധർമ്മിണോ ബാധയെ രചതം എന്ന് പറയുന്നത് ധർമ്മിയാണ് എന്തിന്റെ ധർമ്മി ഇതമിന്റെ ധർമ്മി ഇതോ ധർമ്മവും രഹതം എന്ന് ധർമ്മിയാണ് രജതോ ബാധി രജതം ബാധിതേ ഭവ രജത രജതത്തിന്റെ ധർമ്മമായ ഇതന്തേയും ബാധിക്കപ്പെടും തദ്വരം അതിനെക്കാളും നല്ലതെന്താണ് അതിനേക്കാൾ ശ്രേഷ്ഠം ഇതന്ത ഏവാസ്യ ധർമ്മോ ബാധ്യത രജതത്തിന്റെ ധർമ്മമായ ഇതന്തേ നിഷേധിക്കുന്നതാണ് നല്ലത് പുന രജതമിധർമ്മി ധർമ്മിയായ രജതത്തെ നിഷേധിക്കേണ്ട കാര്യം ഇല്ല തഥാച രജതം ബഹിർബാധിതം അതുകൊണ്ട് എന്തുവരുന്നു പുറമേ ബാധിതമായ രജതം എന്ന് പറഞ്ഞ ഇദന്ത രജതം അതാണ് ബഹിർബാധിതം എന്ന് പറഞ്ഞാൽ ഇദന്ത ബാധിക്കപ്പെട്ടതായ രജതം അർത്ഥാത് പുറമേ ഇല്ലെങ്കിൽ എന്തുവരും ജ്ഞാനമാണോ ഇത് ജ്ഞാനാകാരസി ബഹിരാധ്യാസ സ്ഥിതി അതുകൊണ്ട് നിഷേധത്തിലൂടെയാണ് മനസ്സിലാക്കുന്നത് ഉള്ളിലിരിക്കുന്ന ജ്ഞാനരൂപം അത് പുറമേ ആരോപിക്കുകയാണ് അതാണ് നേരത്തെ ഒരു നിയമം പറഞ്ഞെന്താണോ ുഭവസിതം എന്ന് അനുഭവപ്പെടുമ്പോ രേതത്തെ ഭാഗ്യമായി തന്നെ കാണുന്നു അതാണ് ഈ നിയമം ഇതം രജതം എന്ന് അനുഭവിക്കുമ്പോ രേതത്തെ എങ്ങനെയാണെന്ന് ഭാഗ്യവുമായി കാരണം അങ്ങനെയുള്ള അനുഭവം വിരള് ചൂണ്ടി പറയുകയാണ് ഈ മുമ്പിൽ ഒരു രചതമുണ്ട് ആണ് നേരത്തെ പറഞ്ഞത് യാദൃശ്യം അനുഭവസിദ്ധം താദൃശ്യമായ അഭിജയങ്ങൾ ലഭിക്കും അപ്പോൾ പ്രേതം പുറമെ ചെയ്യും പക്ഷേ അന്യഥാത്വം മറിച്ച് പ്രേതം ആന്തരികമാവുന്നപ്പോലം തരുതെന്ന് ഇതത്തെ നിഷേധിക്കുമ്പോൾ അതാണ് അപ്പോ ഈ പറയുന്നതിന്റെ താല്പര്യം എന്താണോ ഇതും ഇതം പറയുന്നത് നമ്മൾ കാണുന്ന രേതം ആന്തരികമായ വിജ്ഞാനമാണ് ഇതുപോലെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്താണ് ആന്തരികമായ വിജ്ഞാനമാണ് ഇതാണ് അവര് പറയുന്നത് അതും മനസ്സിലായ പ്രധാന പോയിന്റുകൾ മനസ്സിലാക്കിയ പ്രമേയ കാണുന്ന രഹിതമെന്ന് പറയുന്നത് എന്താണോ ആ പറഞ്ഞു നിഷേധിക്കുന്ന എന്തിനാണ് ജ്ഞാനമായതോ നിജന്ത്ര നിഷേധിച്ചാൽ രജത അവിടെ വരും ശരിയായിട്ടും വിജ്ഞാനവാദത്തിന്റെ മർമ്മസ്ഥാനായിട്ട് തിരിച്ചറും വെറുതെ അല്ല ഇരിക്കുന്നു ഗ്ലാസ് പൊട്ടിയ ഫോണിന്റെ ഗ്ലാസ് മാറ്റിയില്ലെങ്കിൽ ഫോണ് പൂർണമായും ഉപയോഗശൂന്യമായി പോകും പണ്ട് ഞാനൊരു ഫോൺ എൻ്റെ അടിച്ചു മാറ്റി എവിടെ ഗ്ലാസ് പൊട്ടി പോയാലോ ഞാൻ നന്നാക്കാൻ കൊടുത്ത നിലവിളിച്ചുള്ള ഒരു ഫോൾ പിന്നെ അധ്യായത്തിനുള്ള നീപ്പ് ഫോൾ ഉപയോഗിച്ചു ഒരു ും വലിയ പൈസ കൊടുക്കില്ല ഇത്രയും ഇതിനെ നിഷേധിക്കുന്നുണ്ട് മനസ്സിലാക്കാം ലഹതം ഉള്ളിലിരിക്കുന്നുണ്ട് രഹിതം ജ്ഞാനാകാരം അതുപോലെയാണ് ഈ പ്രപഞ്ചമുള്ള എന്താണ് വിജ്ഞാനാകാരം വിജ്ഞാനത്തിന്റെ പൗരത്വ രൂപങ്ങളാണ് ക്യാമറയിൽ ഫോട്ടോ എടുക്കുമ്പോൾ വിജ്ഞാനത്തിൽ ഫോട്ടോ എടുത്തിരിക്കുകയാണ് ഇതിനെ ാണ് വിജ്ഞാനവാദികളുടെ എങ്ങനെയാണ് ആത്മഖ്യാതി എന്ന് പറയുന്നത് ആത്മച്ച വിജ്ഞാനം വിജ്ഞാനത്തിന്റെ ഖ്യാതി പ്രതീതിയാണ് എല്ലാ അനുഭവങ്ങൾ ആത്മഖ്യാതി െ കുറിച്ചുള്ള ചർച്ച മുമ്പോട്ട് വരും പഞ്ചഖ്യാതികളും കൂടെ ചർച്ച ചെയ്യും വളരെ വിശദമായി ചർച്ച ചെയ്യുന്നത് ഭാഗമതികാരനാണ് നല്ല പോയിന്റുകൾ മനസ്സിലാക്കി വെക്കുക സ്വാദം ശരിക്കും മനസ്സിലായിരുന്നെങ്കിൽ കേജത്തു ജ്ഞാനാകാര ഖ്യാതോ അപരിദൃഷ്യന്തോ ൂടെ അഖ്യാതിവാദികളാണ് അപരിദുഷ്യന്തോ ജ്ഞാനാകാരതി പ്രതീതിയാണ് ഈ പ്രപഞ്ചം ഇതിൽ അപരിദുഷ്യന്ത സന്തോഷമില്ലാത്തവരാണ് വതന്തി അതടുത്ത ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് എത്ര യധ്യാസ തദ്വിവേക അഗ്രഹ നിബന്ധനോ ഭ്രമഇരി ഇത് ഭാഷ ഭാഷയത്തിൽ ആദ്യ ഒരു പക്ഷം പറഞ്ഞെന്താണ് വീരുടെ മതമാണ് ഇതുമേൽന്ന് പറഞ്ഞ വിജ്ഞാനവാദികൾ അവർക്ക് പറയുന്ന പേരെന്താണ് മറ്റൊരു പേര് യോഗാചാരമാണ് വിജ്ഞാനവാദികൾ പറയുന്നതാണ് യോഗാചാര ഖ്യാതിയെ കുറിച്ച് പറയുന്നത് എന്ത് ഖ്യാതി എന്നാണ് തെളിയുന്നുണ്ട് തെളിവാണ് അസൂയ തോന്നുന്ന തെളിച്ച് പരിശ്രമിച്ച ജ്ഞാനാകാര ഖ്യാതവും അതാണ് വിജ്ഞാനഖ്യാതി എന്ന് പറയാം ആത്മഖ്യാതി എന്ന് പറയാം അപരിദോഷ എത്രയത് അധ്യാസ തദ്വിവേക അഗ്രഹ നിബന്ധനോ അപരിദോഷ കാരണം അപരിദോഷ സന്തോഷമില്ല അതിന്റെ കാരണം അവര് പറയുകയാണ് എന്താണോ വിജ്ഞാനാകാരതാ രജതാതേരനുഭവാത്വാ വ്യവസ്ഥാപയേ അനുമാനാത്വാ നിങ്ങൾ പറയുന്നത് എന്താണോ പുറമേ ഉള്ള ആ രജതം വിജ്ഞാനാകാരമാണെന്ന് പറയുന്നു ഇത് നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിച്ചത് അനുഭവം കൊണ്ട് നിങ്ങൾ തീരുമാനിച്ചു അതോ അനുമാനം കൊണ്ടാണ് ഇതാണ് ചോദ്യം അവര് പറയുന്ന എന്താണ് പുറമേ ഉള്ള ഇതം അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ വിജ്ഞാന രൂപത്തിൽ രചതായിരിക്കുമെന്നാണ് ഏത് വിജ്ഞാനമാണെന്ന് മനസ്സിലാക്കാവുന്നത് ഇത് നിങ്ങൾ എങ്ങനെ ആണ് വ്യവസ്ഥാപനം ചെയ്തത് നിങ്ങൾ തീരുമാനിച്ചത് നിങ്ങളുടെ അനുഭവം കൊണ്ടാണോ അതോ അനുമാനം കൊണ്ടാണോ അതാണ് പറയുന്നത് വിജ്ഞാനാകാരത എന്ന് പറഞ്ഞ രജതാദേഹെ വിഷയങ്ങളുടെ വിജ്ഞാനാകാരത്വം അനുഭവാത്മാ വ്യവസ്ഥാപയെ അനുമാനാത്മാ അനുഭവം കൊണ്ടാണോ വ്യവസ്ഥാപനം ചെയ്യുന്ന അതേ അനുമാനം കൊണ്ടാണോ ആര് ആരാണ് ചോദിക്കുന്നത് ആഖ്യാതിപം ആരോട് ചോദിക്കുന്നു ആരോടാ ചോദിക്കുന്നു വിജ്ഞാനവാദികൾ തത്ര അനുമാനം ഉപരിഷ്ടാന് നിരാകർഷ്യതയെ അതിൽ അനുമാനം കൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിന്റെ മറുപടി എനിക്ക് പറയും രണ്ടാം അധ്യായത്തില് പറയുന്ന സൂത്രത്തിന്റെ ഭാവതി ഖണ്ഡിക്കും അനുമാനത്തെ അതായത് രചതം വിജ്ഞാനാകാരമാണെന്ന് അനുമാനത്തിലൂടെ സമർപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷ അതിന് ഭാമധികാരം തന്നെ ഉപരിഷ്ഠ എന്ന് പറഞ്ഞ ഉപരിഷ്ഠ ഉപരിഭാവം ഇനി വരാൻ പോകുന്ന ഭാവം രണ്ടാം അധ്യായത്തിൽ ഇവരെ കണ്ടിക്കുന്ന ഭാഗത്ത് നിരാകർഷത എന്ന് പറഞ്ഞാൽ നിരാകരിക്കും ആര് നിരാകരിക്കും ആരും നിരാകരിക്കും എന്ത് നിരാകരിക്കും അനുമാനം കൊണ്ടാണ് വിജ്ഞാനാകാരം എന്നുള്ളതിന് ശരി മറ്റൊരു വർഷം ഉള്ളത്താണ് അനുമാനം കൊണ്ടാണോ എന്നുള്ളതിന് ഇവിടെ മനസ്സിലായ അനുഭവവും അനുഭവവും ഈ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു വായിച്ചു നോക്കിയാ മനസ്സിലാക്കാം മനസ്സിലായ ഇപ്പൊ തന്നെ അറിയണമെന്നുണ്ടെങ്കി അതെടുത്ത് വായിച്ചു നോക്കാം പിന്നെ അറിഞ്ഞാ മതിയെങ്കിൽ പിന്നെ പഠിക്കാം അനുഭവം അനുഭവം കൊണ്ടാണ് രജതം വിജ്ഞാന രൂപമാണെന്ന് തീരുമാനിക്കുന്നതെങ്കിൽ രജതപ്രത്യോവാസ്യ ബാധകപ്രത്യോ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെന്താണ് മുമ്പില് മുമ്പിൽ നോക്കിയിട്ടൊരാൾ പറയും ഇതം രജതം അയാൾക്ക് ഇതം തെയ്തു എന്നുള്ള അനുഭവം ഉണ്ടാവുന്നുണ്ട് രജതപ്രത്യം രജതജ്ഞാനം മനസ്സിലായത് മുമ്പിൽ ചോദിച്ചിട്ടൊരാള് പറയുന്നത് ബ്രഹ്മസ്ഥലത്ത് എന്ന് പറയുന്നു ഇതം രജതം രജതപ്പെടുത്തിയ ഇതുകൊണ്ടാണോ നിങ്ങൾ തീരുമാനിക്കുന്നത് രേതം വിജ്ഞാനാധാരമാണ് എന്നാണ് ചോദിച്ചത് രേതം രൂപമാണ് എന്ന് തീരുമാനിക്കാൻ ഇതം രേതോ എന്നുള്ള ആ രജതജ്ഞാനം മതിയോ എന്നാണ് അതോ റിഞ്ഞതിനു ശേഷം നേതൻ രചതം എന്നറിയുന്നു ഇതാണ് ബാധകപ്രേതൻ രചതം എന്ന് പറയുന്നതാണ് ഇതുകൊണ്ടാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് രചതം വിജ്ഞാനാകാരമാണെന്ന് ചോദിക്കണം പൂർവക്ഷം ആര് ചോദിക്കുന്നു ഏര് ആരാണ് പൂർവക്ഷം ഹിതം എന്ന് പറയുന്ന ഈ അനുഭവത്തിൽ നിന്നാണോ നിങ്ങളെ തീരുമാനിക്കുന്നത് രചിതം വിക്കാൻ ആകാരം അതോ നേതരഹിതം എന്ന് പറയുന്ന ഈ ബാധകപ്രത്യം നിഷേധിക്കുന്ന ജ്ഞാനം ഇതിലൊന്നാണോ നിങ്ങളെ തീരുമാനിക്കുന്നത് വേദം വിക്കാൻ ആകാരമാണെന്ന് പറയുക രണ്ടല്ലെന്നും ചോദിക്കുന്നു ഉത്തരം പറയേണ്ടവരാണ് വിജ്ഞാനുഭവോ രജതപ്രത്യോകൃ ഇതം വിരതം എന്ന് പറയുന്ന ഈതൊരനുഭവമാണ് നേതം രജതം എന്ന് പറയുന്ന ഈ നിഷേധം ഇതൊരനുഭവമാണ് രണ്ടും അനുഭവമാണ് ഇതേതാണ് രജതം വിജ്ഞാനാകാരമാണെന്ന് മനസ്സിലാക്കിയതിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയത് ഓരോന്നേഷശക്തിയാണ് ഇതങ്കാരാസ്പദം രജതം ആവേദി ആവേദയതിസ്പദം അതെങ്ങനെയാണ് പാട ഇതങ്കാരാസ്പദം കഴിഞ്ഞിട്ട് ഇതങ്കാരാസ്പദിഞ്ഞിട്ട് എന്താ എഴുതിയിരിക്കുന്നു ഒന്നും കണ്ടില്ലേ അത് മതി വായിച്ചാ ഞാൻ എനിക്ക് മനസ്സിലായി ഉം ഇതങ്കാരാസ്പ ഇതം രജതം എന്നുള്ള ആ അനുഭവം രജതം ആമയദേ രതത്തെ ബോധിപ്പിക്കുന്നു ഹിതം രേതം എന്നുള്ള അനുഭവം കാരണം അതിനെ ഇതം കാരാസം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അവിടെ ഇതം ശബ്ദം കൊണ്ട് എന്തിനെ ബോധിപ്പിക്കുന്നു രഹിത രേതത്തിൽ എന്ന് പറയുന്നത് ഒന്ന് വെച്ചാൽ ഇത് ഇത് എന്ന് പറയുന്നിടത്ത് എന്താണ് ഇത് ബോധിപ്പിക്കുന്നതിന് രേ ഇതെന്താസ്പദം ആ രഹിതം എന്തുപയരുന്നു കേവലം രഹിതമാവിയത് രചതത്തെ മാത്രമേ ബോധിപ്പിക്കുന്നുള്ളൂ നദു അന്തരം രഹതം ഉള്ളിലാണെന്ന് അത് ബോധിപ്പിക്കുന്നത് എന്താ മറിച്ച് പുറമെയാണ് അതിനെ കാണുന്നത് എന്നാണ് പറയുന്നത് ും ആന്തരം എന്ന് പറഞ്ഞാത്കാരമാണെന്ന് ബോധിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു ആന്തരം ഇന്നു ആന്തരം ആന്തരം എന്ന് വെച്ചാൽ രജതാകാ രജതം ജ്ഞാനാകാരമാണെന്ന് ബോധിപ്പിക്കുന്നില്ല കാരണം ഇപ്പൊ ഒരാൾ ബ്രഹ്മസ്ഥരും ഇതൻ രജതം എന്ന് പറയുന്നു ഭയക്കെന്ത് ബോധമുണ്ടാവും ഇത് രജതമാണ് അല്ല രജതം ജ്ഞാനാകാരം എന്ന് ബോധിക്കാൻ പറ്റും അത് ബോധിപ്പിക്കുന്നു രചതത്തെ ബോധിപ്പിക്കുന്നു കാരണം നേരത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു ചോദ്യം എന്തായിരിക്കുന്നു അനുഭവി രജതപ്രത്യോ രജതപ്രത്യം രജതജ്ഞാനമാണോ രജതത്തെ വിജ്ഞാനം എന്ന് ബോധിപ്പിക്കുന്നത് അല്ല എന്ന് പറയുന്നു കാരണം രജതജ്ഞാനം ിക്കുന്നുള്ളൂ മറിച്ച വിജ്ഞാനമാണെന്നും ബോധിപ്പിക്കുന്നില്ല മനസിലായ ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകം ഈ പുസ്തകത്തെ കുറിച്ചുള്ള എൻ്റെ ജ്ഞാനം ഇത് പുസ്തകമാണെന്നേ ബോധിപ്പിക്കുക അല്ലാതെ ഇത് വിജ്ഞാനമാണെന്നും ബോധിപ്പിക്കില്ല അതുപോലെ ഗംഗാരാസ്പ്രദം രജതം ആമേദി നഥാന്തരം ഇനി പറയണന്താൽ ഇതം പ്രേതം എന്നുള്ള സ്ഥലത്ത് രജതം എന്നറിഞ്ഞപ്പോ തന്നെ മനസ്സിലായി എന്താണ് ഇത് വിജ്ഞാനമാണ് അവിടെ ഏതല്ലോ പിന്നെ എന്താണോ കാണുന്നത് വിജ്ഞാനമാണ് അങ്ങനെ പറഞ്ഞല്ലോ കണ്ടപ്പോ തന്നെ മനസ്സിലായാലോ വിജ്ഞാനം പറയുന്നില്ല അങ്ങനെ മനസ്സിലെ എന്തുകൊണ്ട് അത് വിജ്ഞാനമായിരുന്നുവെങ്കിൽ അഹമിരി തഥാ സ്യ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എന്ത് അഹം കാരണം വിജ്ഞാനം ഉള്ളിൽ തന്നെ മുമ്പിൽ കാണുന്ന രേതം വിജ്ഞാനമാണെങ്കിൽ അയാൾക്ക് എങ്ങനെ തോന്നുന്നു അഹം കാരണം അഹം ആണ് വിജ്ഞാനം അഹം രചിതെന്ന് തോന്നിയത് എങ്ങനെ തോന്നുന്നുണ്ട് തോന്നില്ല അഹമിതി കഥാസ്യ മുമ്പിൽ കണ്ടത് വിജ്ഞാനമായിരുന്നെങ്കിൽ അയാക്ക് ഇതം പ്രേതമെന്ന് തന്നെ തോന്നുന്നു പിന്നെ തോന്നും അഹരേതം തന്നെ അഹം അതാണ് വിജ്ഞാനം എന്തുകൊണ്ടാണ് കാരണം വരുന്നത് പ്രതിപത്തുഹു പ്രത്യരേഖ പ്രതിപത്തുഹു പ്രത്യ പ്രതിപത്തുഹു പ്രത്യ ഏത് ബുദ്ധിയാണ് പ്രതിപത്തുഹു ഏതിന്റെ പത്തി ഏഴ് സാ അപ്പൊ എന്തോ എന്തോ ആണ് ശബ്ദം നല്ല ഷട്ടിയോ പഞ്ചവിയോ പറയാൻ പറ്റും ഏതന്ധമാണ് ഈ ശബ്ദം ഏകാരത്തിന്റെ ഷട്ടി ഉകാരം ത്തിന് ഋഷി പുതിയതിന് പഠിച്ചിട്ടുണ്ടോ ആ ഏതെന്താണോ മൃകാരാന്തത്തിന്റെ പഞ്ചമിയിൽ ഷഷ്ടിയിലാണെന്ന് എന്ന് വരുന്നു അപ്പൊ ഇത് പ്രതിപത്തുഹു പ്രത്യം എന്ന് പറയുന്നത് പ്രതിപത്തുഹു ഏത് ഏത് വ്യക്തിയാണ് പഞ്ചമി എന്തുകൊണ്ട് പ്രത്യാഗ് എന്ന് പറയുന്നത് പഞ്ചമിയാണ് അതെന്റെ വിശേഷമാണ് അത് നിവക്തി മനസ്സിലാക്കിയാൽ കൃത്യമായ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും ഏത് വാക്കും നിവൃത്തി മനസ്സിലാക്കിയാണ് അർത്ഥം മനസ്സിലാക്കുന്നത് അപ്പൊ പ്രതിപത്ത് ഹു രണ്ടും പദ്യൊന്നാണ് അപ്പൊ എങ്ങനാർത്ഥം പറയും മലയാളത്തിൽ പ്രതിപത്തുഹു പ്രത്യാഗ് ചേർത്ത് മലയാളത്തിൽ എങ്ങനും പറയും പ്രതിപത്തിയ പ്രതിഭക്താവായ ജ്ഞാനത്തിൽ നിന്നും പ്രതിഭക്താവായ ജ്ഞാനം എന്നിട്ട് എന്താണ് ആ രഥത്തെ ഗ്രഹിക്കുന്നവനായ ജ്ഞാനം ഉള്ളിലിരിക്കുന്ന ജ്ഞാനം പുറമേക്കുന്ന രഥത്തെ അറിയുന്നവനാണ് പ്രതിഭത്താവ് അറിയുന്നവനെന്ന് ആ അറിയുന്നവനായ പ്രത്യം ഉള്ളിലേക്ക് ഞാനും അതിൽ നിന്ന് അമ്പ്യതിരേഖം അഭിന്നമാണെന്ത് അതിൽ നിന്ന് അഭിന്നമാണെന്ത് ആ അഭിന്നമാകണം രം അഭിന്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ദോഷം പറയും മനസ്സിലായ രചതം പുറമേ കാണുന്ന രചതവിജ്ഞാനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അഹം രഹതം ഒന്ന് ബോധമുണ്ടാവും എന്തുകൊണ്ട് അറിയുന്നവനാകുന്ന ആ ജ്ഞാനത്തിൽ നിന്നും അഭിന്നമായിരുന്നു എന്ത് രഹതം അതിൽ നിന്ന് വേറെ എല്ലാ രഹിത അഹമൊന്ന് ബോധമുണ്ടാവും എന്നാണ് ഈ പറയുന്നതിന് മനസ്സിലായാ പുറമേ കാണുന്ന രഹതം രഹിതം വിജ്ഞാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജ്ഞാനം എന്ന് പറയുന്ന ആരാണ് അറിയുന്നവനാണ് അറിയുന്നവനായതുകൊണ്ട് അറിയുന്നവൻ നമ്മൾ എങ്ങനെയാ അറിയുന്നത് അഹമെന്നാണ് അറിയുന്നത് അപ്പൊ പുറമേ കാണുന്ന രഹിതം വിജ്ഞാനമാണെങ്കിൽ അഹം രഹിതമെന്ന് ബോധം ഉണ്ടാവും എന്തുകൊണ്ട് അറിയുന്നവനായ ആ വിജ്ഞാനത്തിൽ നിന്നും അഭിന്നമായിരിക്കും രഹിതം അപ്പൊ അഹം രഹിതം ഞാൻ രഹിതം ഒന്ന് ബോധം ഉണ്ടാവും വിജ്ഞാനമാണെങ്കിൽ എന്നാരു പറയുന്നു ആരാ പറയുന്നത് ആരുടെ കൂർവക്ഷി ജാനുവാദിയുടെ കൂർവക്ഷി കൂടെ ആരാണ് കിട്ടുന്നുണ്ടോ പോയിന്റ് ഇവിടെ രണ്ടുമൂന്ന് കാര്യം പറയുന്നുണ്ട് ഒന്ന് നമ്മള് കാണുന്ന രകതം വിജ്ഞാനമാണെങ്കിൽ എന്നാണ് വിജ്ഞാനം ആര് പറയുന്നു വിജ്ഞാനവാദികൾ പറയുന്നു അതില് അഖ്യാതിവാദി വേണം അത് വിജ്ഞാനമാണെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുന്ന എങ്ങനെയായിരിക്കും അഹം രഹിതം കാരണം അറിയുന്നവനാണ് വിജ്ഞാനം അറിയുന്നവനെന്ന് വേറെ എല്ലാ രഹിതമെന്നോ പറയുന്നു അതുകൊണ്ട് സഹി ഏങ്കാരാസ്പദം രചതം ആവേ രീതി രജതത്തെ പുറമെയാണ് ബോധിപ്പിക്കുന്നത് രചതത്തെ ഉള്ളിൽ അല്ല എന്ത് എന്ത് ബോധിപ്പിക്കുന്നു എന്താണ് ബോധിപ്പിക്കുന്നത് സ സഹി സു പറയുന്നത് എന്താണ് സ അനുഭവം അനുഭവം എന്ന് പറയുന്നത് പുറമെയാണ് ബോധിപ്പിക്കുന്ന ഉള്ളിൽ അല്ല ഉള്ളിലാണെന്ന് വന്നാൽ അഹമിതി തഥാ സഥാ ഉള്ളിലാണ് വിജ്ഞാനമാണെന്ന് വന്നു കഴിഞ്ഞാൽ ആന്തരം എന്ന് വിജ്ഞാനാകാരം ഇന്നുവാതം എന്ന് വെച്ചാൽ വിജ്ഞാനാകാരം അല്ല തഥാ വിജ്ഞാനാകാരമാണെങ്കിൽ മനസ്സിലായോ ആന്തരം എന്ന് വെച്ചാൽ കേവലം ഉള്ളിലന്നുള്ളതല്ല വിജ്ഞാനാകാരം ആത്വാന്തരം എന്ന് വെച്ചാൽ വിജ്ഞാനാകാരം ാകാരമാണെങ്കിൽ തന്നെ അറിയണമായിരുന്നു എന്തുകൊണ്ട് പ്രതിപത്തു പ്രത്യേക അതിന് ഏത് പറയും എന്തുകൊണ്ട് അഹമൊന്നറിയണം അറിയുന്നവനാകുന്ന അറിവിൽ നിന്നും അത് അഭിന്നമായതുകൊണ്ട് ഏത് ഒരു വല്യ കാര്യം ഉം